ഇതിനെ സംബന്ധിച്ച് സിദ്ധാന്തി പറയുന്നത് ഇത് അധ്യാസം എന്നാണ് ഇത് ഗൗണമെന്നാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പൂർവോക്ഷി അധ്യാസത്തെ അംഗീകരിച്ചിട്ടല്ല പറയും അങ്ങനെ ഗൗണമായി എന്താണ് ഈ അധ്യാസവും ഗൗണവും തമ്മിലുള്ള വ്യത്യാസവും നിന്നും ഭാവതികാരൻ തന്നെ വിശദീകരിക്കും നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ ഇപ്പൊ ചെയ്യുന്ന എന്തെന്ന് ഈ ഉഷ്മസ്മത് പ്രത്യേക ഗോചരവും എന്നുള്ളതിനെ വ്യാഖ്യാനിക്കേണ്ട ഭാവതികാരം अत्रज ചായുഷ്മ അസ്മത് ഇത്യാദി ഇത്യാദി മിഥ്യാഭവിത യുക്തം ഇത്യന്ത സംഘാഗ്രന്ഥ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യുഷ്മ അസ്മത് എന്ന് തുടങ്ങി മിഥേത് ഭവതം യുക്തം ഇതുവരെയുള്ള സംഘാഗ്രന്ഥം എന്നിട്ട് ഇത് പൂർവോക്ഷമാണ് പൂർവക്ഷത്തിന് ശങ്കാഗ്രന്ഥം എന്ന് പറയുന്നത് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വാക്യം എന്താണ് പൂർവക്ഷമാണ് ഇത് മനസ്സിലായതെ ബാക്കി ബ്രഹ്മസൂത്രം മനസ്സിലാവാത്ത നമ്മൾ ബാലക്ഷൻ സാറിന്റെ ഈ ബ്രഹ്മസൂത്ര വ്യാഖ്യാനത്തിൽ ഈ ഇത് ആദ്യത്തെ ഈ ഭാഗം ഇത് ശങ്കാഗ്രന്ഥമാണെന്നുള്ള കാര്യം സാറിന് വ്യാഖ്യാനത്തിൽ വരുന്നില്ല അത് സാറ് ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്കൊരു കോപ്പി തന്നു ഞാനത് ആദ്യം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതാകണ്ട ഞാൻ സാറിനോട് പറഞ്ഞിട്ട് ഈ ഇവിടെ പാളിപ്പോയി എൻ്റെ വ്യാഖ്യാനം അപ്പൊ സാറിഞ്ഞൊരു കാര്യം അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനി പുസ്തകം ആരെങ്കിലും പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഒന്ന് തിരുത്തി കൊടുക്കണം തിരുത്തി പ്രസിദ്ധീകരിക്കണം അല്ല സാറിന് വേറെ എന്താണ് നമ്മളൊക്കെ ആണെങ്കിൽ ബാധിക്കും അങ്ങനെ തന്നെ അതാണ് ശരിയെന്ന് ആ അത് സാറ് എന്നെ ഒരു എന്നെ പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തെങ്കിലും അതിന് വ്യാഖ്യാനത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കണം കാരണം ഞാനിത് എഴുതുമ്പോൾ എനിക്ക് നോക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു എൻ്റെ സ്വന്തം ഒരു ബുദ്ധി അനുസരിച്ച് ഞാൻ ചെയ്തതാണ് ഞാൻ വ്യാഖ്യാനം എഴുതിയതിന് ശേഷം ഈ ആൾക്കാരെല്ലാം വേഖ്യാനെഴുതാൻ തുടങ്ങി അതിന് മുമ്പ് ആരും ഇങ്ങനെ എഴുതിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ വ്യാഖ്യാനത്തിൽ തെറ്റുകൾ വരും അത് ഇനി ചോദ്യം ചെയ്യുന്ന പ്രസിദ്ധീകരിക്കും ചെയ്ത് പ്രസിദ്ധീകരിക്കും ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ എല്ലാം ഈച്ചടിച്ച അങ്കോപ്പി പോലെ വീണ്ടും വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കും അങ്ങനെ ബോധമുള്ള ആരെങ്കിലും വേണ്ട ഉണ്ടാ പിന്നെ കറക്ട് ചെയ്ത് പ്രത്യേക അപ്പൊ സാറിന്റെ ആ വലിയൊരു മനസ്സ് അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ സാറിന്റെ ശിക്ഷിന്നാണ് ഞാൻ പറയും തെറ്റുള്ളത് അപ്പൊ അത് അംഗീകരിക്കും സാറിന് അത്രജ യുഷ്മദ് അസ്മദ് ഇത്യാദി മിഥ്യാഭയതയുക്തം ഇത്യന്ത ശങ്കാഗ്രന്ഥ അപ്പം നമ്മൾ വായിച്ച ഭാഗം അത് പൂർവോക്ഷമാണ് തഥാപി ഇത്യാദി പരിഹാര ഗ്രന്ഥം അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് തഥാപി അസ്മത് പ്രത്യേക വിഷീണിച്ചത് പ്രത്യേക വിശേഷിച്ചത് ധർമാണ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ തഥാപി അന്യോന്യ അന്യോന്യമ അന്യൂന്യധർമ്മം അധ്യസ്ഥ എന്ന് പറഞ്ഞാഭാഗം അത് എന്താണ് പരിഹാരം എന്നുവെച്ചാൽ ഈ ചോദ്യത്തിൻ്റെ സമാധാനം പൂർവക്ഷത്തിന്റെ സമാധാനം തഥാപി ഇത്യാദി പരിഹാരഗ്രദ്ധ അത് ആദ്യം ഇത് പിന്നെ എന്താണ് ുള്ളത് ആരുടെ അതിനുശേരി പറയേണ്ടി വന്നാൽ മുഖത്ത് നോക്കി പറയണം പറയേണ്ടി വന്നാൽ മതി വെറുതെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്നു അപ്പൊ ഇവിടെ ഭാവതികാരൻ പറയാണ് ഭാഷകാരൻ ഇവിടെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്തുകൊണ്ട് തഥാപിത്തി അഭിസംബന്ധ സംബന്ധ ശങ്കായാം യദ്യവീതി പഠിത എം കാരണം ഈ നീണ്ട വാക്യത്തിൽ അടുത്തു വരുന്ന തഥാവി അന്യോന്യസ്മിൻ അന്യോന്യ മകതാം അപ്പൊ ഇവിടെ ഒരു തഥാപി എന്ന് പറയുന്ന ഈ വാക്യത്തിൽ അന്വയിക്കുന്നുണ്ട് അഭിസംബന്ധമുണ്ട് അന്യമുണ്ട് തഥാവി എന്ന് പറയുന്ന ശബ്ദത്തിൽ തഥാപി എന്നൊരു ശബ്ദം വന്നു കഴിഞ്ഞാൽ ശരിക്കും സാധന അനുസരിച്ച് എന്താണ് അവിടെ അതിനോട് അന്വേഷിക്കുന്ന യദ്യവി എന്ന് ശബ്ദം ആദ്യം പ്രയോഗിക്കുന്നു അങ്ങനെയാണ് മത്സാധാരണം പറയാറില്ല യഥ തഥ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നത് എപ്രകാരമാണെന്ന് അപ്രകാരം വെറുതെ നമ്മൾ എപ്രകാരം എപ്രകാരം എന്ന് പറയാൻ പാടില്ല അപ്രകാരം എന്ന് അപ്രകാരം അതുപോലെ ഭാഷയുടെ നിയമം അനുസരിച്ച് പിന്നീട് തഥാവി എന്ന് പ്രയോഗിച്ചെങ്കിൽ സമാധാനം പറയാണ് ആന മുമ്പ് പോലെയുള്ളത് ചോദ്യമാണെന്ന് കാണിക്കാൻ വേണ്ടി തുടക്കത്തിൽ എദ്യ വിധി ചേർക്കേണ്ടതായിരുന്നു അത് ചേർത്തിട്ടില്ലെന്ന് പറയണം അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ വായിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല ആശയക്കുഴപ്പം വരത്തില്ല അതുകൊണ്ട് ഭാഷകാരന്റെ ഒരു ശ്രദ്ധക്കുറവിനെ എടുത്ത് കാണിക്കുകയാണ് അത് നല്ലതാണ് എനിക്കൊരു ശ്രദ്ധക്കുറവ് എന്ന് നിങ്ങൾ പറയും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് എനിക്ക് പറയാമെങ്കിൽ തിരിച്ചും പറയാം അതിന് തെറ്റൊന്നുമില്ല രണ്ട് ഭാഷയകാരനും മദ്യ സ്തുതിച്ചിട്ടാ പറഞ്ഞെന്താണ് ആചാരികൃതി നിവേശനം വചോ അവധൂതം വചോ അസ്മതാധീന അങ്ങയുടെ വാക്കുകൾ ചെലപ്പോ ഞങ്ങൾ എന്റെ വാക്കൊക്കെ പവിത്രമാവും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചെറിയ പെസ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കണം സാമാന്യവും ആരായാലും ശരി എത്ര വലിയ ഭാഷകാരനായാലും പാലിച്ചേ ഇപ്പൊ തഥാവിന്ന് പിന്നീട് വന്ന ആദ്യ അദ്ദേഹീദ്യം ചേർക്കുന്നുണ്ട് എന്നാലും ഇത് ചോദ്യം അത് സമാധാനമാണെന്ന് മനസ്സിലാകത്തു അത് ആശാനോട് ഗുരു പറയും എന്താണ് സാമാന്യ നിയമങ്ങൾ തെറ്റിക്കരുത് ആശാന്റെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ അച്യുതൻ ഉണ്ടല്ലോ ഗുരുവിൻ്റെ ജീവിതത്തിലൊരു എന്താണ് അച്യുതനോട് പറയും അങ്ങനെ തെറ്റിക്കാൻ പാടില്ല സാമാന്യ നിയമങ്ങളൊക്കെ പാലിക്കും ഭാഷയിൽ പറ്റും എഴുതിയൊക്കെ വയ്ക്കുന്നു സംഭാഷണത്തിൽ ചെറുപ്പം നമ്മൾ പറയുമ്പോഴൊക്കെ വരും എഴുതി പിന്നെ ഒരു മാതൃക അതുകൊണ്ട് ആശാനൊരു ഗ്രാമപക്ഷത്തിലെ കുയിലാണെന്ന് ആ തെറ്റായ പ്രയോഗം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു തഥാവിദ്യ അഭിസംബന്ധ തഥാപി എന്ന് ഇതേ ഭാഗത്ത് അന്വയിക്കുന്നത് കൊണ്ട് ശങ്കായാം അടുത്ത ഈ ചോദ്യത്തിൽ ഈ വാക്യത്തിൽ യദ്യവീതി പഠിതവ്യം യദ്വീന്ന് പഠിത്തവ്യം എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഉപദേശവും ഭീഷണി എന്ന് ചെയ്യണം ാണ് അപ്പൊ അത് ആദ്യത്തെ എന്താണ് ഒരു ചെറിയ കറക്ഷൻ അപ്പോൾ ഇപ്പൊ വെക്കാമോ യദ്യവി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവും മിറ്റ് ചെയ്ത് ഭവിതം യുക്തം അതുവരെയുള്ളത് ചോദ്യമാണ് ബാക്കിയുള്ളത് സമാധാനമാണ് ഇനി അങ്ങോട്ട് ചെല്ലുമ്പം സാമ്പതികാരൻ ഒരുപാട് സ്ഥലത്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട് തൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് പലതും കറക്റ്റ് ചെയ്യുന്നത് ശരിയല്ല ഭാഷകാരനാണ് ശരി എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എന്നാലും പുള്ളിക്ക് സ്വന്തമായി അഭിപ്രായമുള്ള വ്യാഖ്യാതാക്കളൊക്കെ എല്ലാവരും തന്നെ ഒരാൾ അന്ധമായി പിന്തുടരുന്നവരെന്നുമാണ് എല്ലാം വ്യാഖ്യാനിക്കുമ്പോ അവരോട് ബഹുമാന കുറവുണ്ടല്ല അവരോട് ബഹുമാനമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതില്ല ആദ്യം ആസ്വദിച്ചത് എന്തെങ്കിലും പെശുണ്ടോ അത് പറയും അത് ശരിയല്ല എന്ന് പറയും ആർജവം എന്ന് പറയുന്നത് ഇനി ഇവിടുത്തെ ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഈ യുഷ്മത് അസ്മത് പ്രത്യം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയാണ് അത് ഭാഷാപരമാണ് ഭാഷ മാത്രമല്ല ആശയപരമായും ഉണ്ടവിടെ പ്രശ്നം ഇതം അസ്മത് പ്രത്യ ഗോചരയോരതി വക്തവ്യേ യുഷ്മത് അസ്മത് ഗ്രഹണം അത്യന്ത ഭേദോപലക്ഷണാർത്ഥം അപ്പൊ ഇവിടെ യുഷ്മത് അസ്മത് എന്ന് പറഞ്ഞു രണ്ടാർത്തൊന്നാണ് യുഷ്മത് അസ്മത് പ്രത്യ പ്രത്യയ ഗോചരം ഇത്ര ഒരുമിച്ചെടുത്താല് യുഷ്മത് പ്രത്യ ഗോചരം നീ എന്നുള്ള പ്രത്യയം ബോധം അതിന്റെ വിഷയം അസ്മത് പ്രത്യോഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഞാനെന്നുള്ള അറിവിന്റെ വിഷയം ഭാഷകാരം പറയുന്നത് ഞാനെന്നുള്ള അറിവിന്റെ വിഷയമായിരിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയമായിരിക്കുന്ന എന്താണ് ആത്മാവ് നീ എന്നുള്ള അറിവിന് വിഷയമായിരിക്കുന്ന എന്താണ് എന്താണ് ഇപ്പോഴാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് അറിയുന്ന ശരീരത്ത് നീയെന്ന് പറയും പറയും ശരീരത്താർ നീ എന്നല്ലെന്ന് പറയുന്നു പിന്നെ എങ്ങനെ നീ എന്നുള്ള അറിവിനും വിഷയമായിരിക്കുന്ന എന്തെന്തിനു പറഞ്ഞു കാരണം ഞാനെന്നുള്ള അറിവിനും വിഷയമായിരിക്കുന്ന അത് ആത്മാവാണെങ്കിൽ അതുവഴികെ സർവതും അനാത്മാവാണ് അതിനെ എല്ലാവരും നമ്മൾ നീ എന്ന് പറയാറില്ല നീ എന്ന് പറയുന്നത് ജീവനുള്ള മറ്റൊരു മനുഷ്യനെ കാണുമ്പോഴാണെന്ന് പറയുന്നത് നീ ചത്താ പറയാറില്ല ഉണ്ടാ പോലെ ഒരു മനുഷ്യനെ നോക്കി നീ എന്ന് പറയും പിതാ കിടക്കുന്ന ശവം എന്ന് പറയും അപ്പോ അസ്മത് പ്രത്യേക ഞാനെന്നുള്ള അറിവിനും വിഷയം എന്ന് ശരി പക്ഷേ നീ എന്നുള്ള അറിവിനും വിഷയം എന്ന് ഒരു മനുഷ്യനെ മാത്രമേ എടുക്കാൻ പറ്റും അനാത്മാവ് എന്ന് പറയുന്ന എല്ലാത്തിനും എടുക്കാൻ പറ്റില്ല ഇവനെന്തിനങ്ങനെ പ്രയോഗിച്ചു പക്ഷികാൻ ഇത്രയും ബോധമില്ല അവിടെ ആ പ്രയോഗത്തെ ന്യായീകരിക്കണം അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറയും എന്തുകൊണ്ടങ്ങനെ പ്രയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവും ബാക്കിയെല്ലാം അതിന് നീ എന്ന് പറയേണ്ട ഇതെന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള അനുഭവത്തിലും വിഷയവുമായി എല്ലാം ഇല്ലാത്ത എടുക്കാം അടുത്ത് പറയുന്നത് എന്താണോ ഇത് രണ്ടും അത്യന്തം വിരുദ്ധ സാധനങ്ങളാണ് ആത്മാവും അനാത്മാവും ഇതെന്ന് പറയുന്നുണ്ട് എടുക്കുന്ന എന്തിനാണ് അനാത്മാ അനാത്മാവും ആത്മാവും പരസ്പര വിരുദ്ധമാണ് അത് അടുത്ത് പറയുന്ന എന്താണ് അത് ഇരുളും വെളിച്ചവും പോലെയാണ് അനാത്മാക്കടന്ന ഇരുളു പോലെയും ആത്മാവ് വെളിച്ചം പോലെയാണ് അപ്പോ ഇത് രണ്ടും അത്യന്തം പരസ്പര വിരുദ്ധമെന്ന് അടുത്ത് പറഞ്ഞതുകൊണ്ട് ആ വിരോധത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീയെന്ന് നീ എന്നു കാരണം ഞാനെന്ന് പറയുന്നതിന് നേരെ വിരുദ്ധം ഏതാണ് നീ ഇതല്ല പ്രത്യേകിച്ചും ഭാഷാ പ്രയോഗത്തിൽ അതിന് വിശദീകരിക്കും ഞാൻ എന്ന് പറയുന്നതിന് നേരെ വിരുദ്ധമായി വരുന്നത് എന്താണ് നീ അവിടെയാണ് വിരോധം വരുന്നത് അപ്പൊ നീ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വാച്യാർത്ഥത്തെ എടുക്കണ്ട നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്ന് എടുത്താൽ അങ്ങനെ എടുത്താൽ മതി പറയുന്ന അനുഭവത്തിന് വിഷയം അതിനെല്ലാം എടുക്കും പക്ഷെ എന്നാലും അവിടെ നീ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഞാനെന്നുള്ള അനുഭവത്തിനൊരു വിഷയമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് നേരിട്ട് വിരുദ്ധമായതാണ് ബാക്കിയെല്ലാം ആ വിരോധത്തെ കാണിക്കാൻ വേണ്ടി എന്ന് പ്രയോഗിച്ചു ഇതെന്ന് പറയുന്ന അനുപാലം എന്ന് പ്രയോഗിച്ചു നീ ായിട്ട് എന്താ ബന്ധു തത് തൊമ്മെന്ന് പറയുന്ന അവിടെ ഒന്നിനെ പറയാൻ വേണ്ടി ഒന്നാണ് ഇവിടെ വിരോധത്തെ പറയാം തത് തുമ്മെന്നും പറയുന്ന എന്താണ് ഒന്നിനെ പറയും ഇവിടെ എന്തിനാ പറയുന്നു രണ്ടിന് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇത് എന്ന് പറയുന്നതിന് പകരം പറഞ്ഞാൽ ഇത് അത്യന്തം വിരുദ്ധമാണെന്ന് തോന്നുന്നു എന്നാൽ എന്നി പറയുന്നു തമപ്രകാശവ വിരുദ്ധ സ്വഭാവം എന്ന് പറയുന്നത് ശരിയാകുന്നുണ്ട് ഞാൻ എന്ന് ഞാൻ അറിയുന്ന ആത്മാവും ഇത് എന്നറിയുന്ന അനാത്മാവും എന്താണ് വെളിച്ചവും ഇരട്ടും പോലെയാണെന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി പറഞ്ഞാണ് തുടർന്ന് പറഞ്ഞു വരുന്നതാണ് അതിന് ഇതെന്ന് പറഞ്ഞാൽ പോരാ ഇതെന്ന് പറഞ്ഞാൽ അത്രയും കിട്ടത്തില്ല ഭാഷാപരമായി പ്രശ്നങ്ങളുണ്ടെന്ന് ഇനി വിശദീകരിക്കും അതാണ് പറയുന്നത് എന്താണ് ഇതം അസ്മത് പ്രയോഗയോരതി വക്തവ്യേ ഇതം അസ്മത് പ്രത്യേകോചരയോരി വക്തവ്യേ ഇതം അസ്മത് പ്രത്യേകോചരയോഗോ എന്ന് വെച്ചാൽ യുഷ്മത്തിന്റെ സ്ഥാനത്ത് എന്ത്പയോഗിക്കണം ഇതം ഇതെന്ന് വെച്ചാൽ എന്താർത്ഥം മത് പ്രത്യകോചനയോഹോ എന്ന് പറയേണ്ട സ്ഥാനത്ത് യുഷ്മദ് ഗ്രഹണം ഗ്രഹണം എന്ന് വെച്ചാൽ ഉച്ചാരണം യുഷ്മദ് ഗ്രഹണം എന്ന് വെച്ചാൽ യുഷ്മെന്ന് ഉച്ചരിച്ചിരിക്കുന്നു എവിടെ ഭാഷയത്തിന് ആ യുഷ്മ എന്ന് ഉച്ചരിച്ചത് അത്യന്ത ഭേദ ഉപലക്ഷണാർത്ഥം അത്യന്ത ഭേദത്തെ കൂടുതലായി ബോധിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ആത്മാവിനെയും അനാത്മാവിനെയും പറയുക എന്ന് മാത്രമല്ല ഉപലക്ഷണമായി ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ കൂടുതലായി ബോധിപ്പിക്കുക എന്ത് കൂടുതലായി ബോധിപ്പിക്കണം ഇത് തമ്മിൽ അത്യന്ത ഭിന്നമാണ് ഏത് തമ്മിൽ ആത്മാവും അനാത്മാവും അങ്ങനെ ഗ്രഹണം അത്യന്ത ഭേദം ഇവ രണ്ടുമല്ല ആത്മാവും അനാത്മാവിനും തമ്മിലുള്ള അത്യന്ത വേദത്തെ ഉപലക്ഷ നടത്താണ് അത് കൂടുതലായി ബോധിപ്പിക്കാൻ വേണ്ടി അധികമായി അതുകൂടെ ബോധിപ്പിക്കുന്നത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ പിന്നെ രണ്ടും തമപ്രകാശവ് വിരുദ്ധ സ്വഭാവയോ ആ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ അതിന് ഭാഷകാരൻ്റെ പ്രയോഗത്തിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുകയാണ് അതിനുവേണ്ടിയിട്ടാണ് അതാണ് ഇതം എന്ന് പറയുന്നതിന് വരെ എന്ത് ഉപയോഗിച്ചത് യുഷ്മെന്ന് പ്രയോഗിച്ച് ശരി ഇതം എന്ന് പ്രയോഗിച്ചാൽ എന്തുകൊണ്ട് അത്യന്ത വിരോധം എന്ന് പറഞ്ഞുകൂടെ എന്നൊരു ചോദ്യം വരണം യുഷ്മെന്ന് പറഞ്ഞാലേ അത്യന്ത വിരോധം ഒരു ആത്മാവും അനാത്മാവും ഇതം എന്ന് പറഞ്ഞാലും അത്യന്ത വിരോധം ഒന്ന് കിട്ടുമല്ലോ കിട്ടത്തില്ലേ ഞാൻ വേറെയാണ് ഇത് വേറെ വിരോധമൊന്നുണ്ട് അങ്ങനെ പറഞ്ഞൂടെ ഞാനൊന്ന് പറയുന്ന ആത്മാവ് ഇതെന്ന് പറയുന്ന അനാത്മാവ് അപ്പോ ആത്മാവ് വിരോധം ഉണ്ടാവും വിരണം വെളിച്ചം പോലെയാണല്ലോ അതിന് എന്ന് പറയണമെന്ന് എന്താ ഇത്ര നിർബന്ധം അങ്ങനെ അസ്മതം എന്ന് പറഞ്ഞു വിരോധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതം എന്ന് പറഞ്ഞാലും മതി എന്തുകൊണ്ട് അസ്മദിന്റെ അർത്ഥം ഞാൻ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം ഇത് രണ്ടും ബിരുദ്ധമാണല്ലോ അതല്ലേ തമിഴ് പ്രവാസിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ യീഷ്മന് പേരെ ഇതം പറഞ്ഞാൽ മതി എന്താ കുഴപ്പം ഇതിനെക്കുറിച്ച് ഭാഷ ഇവിടെയുണ്ട് എന്താ കുഴപ്പം അതടുത്ത് പറയും എന്താണ് യഥാഹി അതിനെ വിശദീകരിക്കുകയാണ് അഹങ്കാര പ്രതിയോഗി ത്വങ്കാരോ നയോ ഇതങ്കാര നിങ്ങൾ അങ്ങനെ സംശയിക്കേണ്ട അഹങ്കാരം അതിൻ്റെ നേരെ പ്രതിയോഗിയായിരിക്കുന്ന എന്താണ് ത്വങ്കാരം അഹങ്കാരം എന്ന് വെച്ചാൽ അഹം എന്ന ശബ്ദം അഹം എന്ന ഉച്ചാരണം പ്രതിയോഗിയായിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ വില്ലൻ അഹങ്കാരം നായകനാണെങ്കിൽ വില്ലനാരാണ് ത്വങ്കാരം തൊമ്മെന്ന ഉച്ചാര തൊമ്മെന്ന ശബ്ദമാണ് ഏവം ഇതങ്കാരായ ഇതങ്കാര അതുപോലെയല്ല ഇതങ്കാരം ഇതെന്നുള്ള ശബ്ദത്തിന് അതുപോലെ അല്ല എന്തുകൊണ്ടല്ല അന്ന് പറഞ്ഞാൽ പോറല്ലോ എന്തുകൊണ്ടല്ലെന്ന് പറയുന്നു അതാണ് പറയുന്നത് ഏതേ വയം ഇമേ വയം അസ്മഹേ അല്പം സംസ്കൃതം അറിഞ്ഞാലും ഇത് മനസ്സിലാവുന്നു പിന്നെ ചില ഭാഗമൊക്കെ വരും അതുകൂടെ കടന്നു വേണം മുമ്പോട്ട് പോവാൻ അതിനുവേണ്ടിയിട്ടാണ് പണ്ടേ പറഞ്ഞ കുറച്ച് ദിവസമൊക്കെ പഠിക്കുന്നു വേറെ പണിക്ക് പോയി ഏതേ വയം ഇമേ വയം ആസ്മഹേ ഇത് ബഹളം പ്രയോഗദർശന കാരണം ഇവിടെ രണ്ട് ശബ്ദങ്ങളുണ്ട് ഏതേ ഇമേ ഈ രണ്ട് ശബ്ദങ്ങൾ എന്താണെന്ന് അറിയാം ഏതേന്ന് പറഞ്ഞ ഏതെന്റെ രൂപമാണോ എന്നാണോ പഠിച്ചത് പഠിക്കാത്ത പറഞ്ഞ് ഏത ശബ്ദത്തിൽ എങ്ങനെയാണ് രൂപം ഏത ശബ്ദം എന്ന് രൂപം എങ്ങനെയാണ് വെറുതെ ഫോട്ടോ കണ്ടും മാവി അറിഞ്ഞുകൊണ്ട് എറിഞ്ഞു നോക്കിയതാണ് ഇതേ തന്നെ എന്റെ രൂപങ്ങൾ രാമശബ്ദം പഠിച്ചിട്ടുണ്ടാവും ആ അതുപോലെ എന്റെ രൂപം പറയാനോ പിന്നെ ഇമേ എന്ന് പറയുന്നത് എന്റെ രൂപം ഇതം എന്റെ രൂപം എങ്ങനെയാണ് അയം ഈ രണ്ട് ശബ്ദത്തിൻ്റെയും അർത്ഥം ഇതെന്ന് വ്യാകരണത്തിൽ ചെറിയ വ്യത്യാസം വരും പൊതുവെ നമ്മൾ അത്രയും കൂടുതൽ വ്യാകരണത്തിലേക്ക് പോയി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് ഇത് ഭഗവാനെത്തി പറഞ്ഞിരിക്കുന്ന ഒന്നുള്ളൂ അപ്പോ ഈ ശബ്ദങ്ങൾക്ക് വിരോധമുള്ള ഒരു ശബ്ദമായിട്ട് ഇത് അഭേദമായി പ്രയോഗിക്കാൻ പറ്റത്തില്ല അർത്ഥത്തിൽ കുഴപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഘടശക്തം കലശശക്തം രണ്ടിന്റെ അർത്ഥം ഒന്നെയാണ് കലശം തന്നെ കേട്ടോ നമ്മൾ കലശക്കുടവെന്ന് പറയും എന്റെ ആവശ്യമില്ല കലശം തന്നെയാണ് ഇത് കുടം കലശക്കുടവെന്ന് പറയുന്നത് എന്താണ് കുടം തന്നെ കലശം എന്ന് പറയുന്നു നിറയ്ക്കുന്ന സാധനമല്ല ഇരിക്കുന്ന പാത്രത്തിനെയാണ് കലശ എന്ന് പറഞ്ഞ പുടം അതിൻ്റെ അകത്ത് പാൽ നിറച്ചു വെച്ചാൽ എന്ത് പറയും കലശം എന്ന് പറയും കലശം എന്ന് പറഞ്ഞ പുടമൊന്നാണ് അർത്ഥം അപ്പൊ കലശ കുടം എന്ന് പറഞ്ഞു കലശം തന്നെ കലശം കലശം പോസ്റ്ററുകളെന്ന് പറയും പോലെയുള്ളൂ കലശക്കുടം എന്ന് പറയേണ്ട കാര്യ കലശം തന്നെ കുടം രണ്ടും ഒന്ന് പിന്നെ നമ്മൾ കലശക്കുടം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ വിചാരിക്കുന്നത് ഈ സാറിനെ കാണുന്നതൊക്കെ കുടവും ഇത് മാത്രം കലശം ഒന്നും അങ്ങനെയല്ല സംസ്കൃതത്തിൽ പരിയായം രണ്ടും ഒന്ന് കലശം കുടം ഒന്ന് അപ്പൊ എന്താണ് നിങ്ങൾ കലശം നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടം നിറച്ചു വെച്ച് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഒരു ദോഷമുണ്ട് നമ്മളൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് അത് വേറെയാക്കി വയ്ക്കുന്നതാണ് വ്യത്യാസം കപ്പിൻ്റെ അകത്ത് പാല് വെച്ചാലും പഞ്ചസാര വെച്ചാലും ചായ വെച്ചാലും കള്ളു വെച്ചാലും കപ്പെന്ത് തന്നെ കപ്പ് കപ്പ് തന്നെ കപ്പിന് മാറ്റം വരത്തില്ല കലശം അപ്പൊ കലശ ഘടക എന്ന് പ്രയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ ഘട പടാന്ന് ഉപയോഗിക്കാൻ പറ്റും കാരണം പടം എന്ന് വെച്ചാൽ എന്താണ് വസ്ത്രം ഘടകമെന്ന് വെച്ചാൽ പടം രണ്ടും അങ്ങനെ ഉപയോഗിക്കാൻ പാടും രണ്ടും ഒന്നല്ല ഇപ്പൊ പരസ്പര വിരോധമില്ലാത്ത ശബ്ദങ്ങൾ സാമാനാധികരണത്തിൽ എന്ന് വെച്ചാൽ അഭേദമായിട്ട് ഉപയോഗിക്കും ദോഷമൊന്നും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഏതേ വയം ഇമേ വയം എന്ന് പറയുന്ന നടത്ത് രണ്ട് ശബ്ദങ്ങളും അഭേദമായി ഉപയോഗിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് അതിന് വിരോധമുണ്ട് രണ്ട് ശബ്ദങ്ങൾക്കും വിരോധം ഇല്ല ഇനി നോക്കുക അവിടെ പറയുന്നത് ഏതേ വയം അവിടെ നോക്കും വയം ഏതേ വയം ഭയം എന്ന് പറയുന്ന രൂപം ശബ്ദത്തിന്റെ അഹം ആവാം ഞങ്ങൾ ഇനി ഇത് രണ്ടു മാത്രമുള്ള തൂക്കാം ഏതേ വയം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ ഞങ്ങൾ ഏതേന്ന് വെച്ചാൽ ഇത് ഈ എന്ന് പറയുന്നതാണ് എന്റെ പക എന്ന് പറഞ്ഞാൽ ഏതേ വയം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ അപ്പൊ ഈ ഞങ്ങളെന്ന് പ്രയോഗിക്കുന്ന എന്തുകൊണ്ട് വയം എന്ന് പറയുന്നത് അഹം എന്ന് പറയുന്ന എന്റെ ഭഗവനാണ് ഞാനെന്ന് പറയുന്ന എന്റെ ഭഗവനോളെന്ത് ഭയം ഇതും എന്ന് പറയുന്ന എന്റെ ഭഗവനാണ് ഏതെ രണ്ടും ചേർത്ത് ഉപയോഗിച്ചു എന്റെ അർത്ഥം എന്താണ് ഇതിന് വിരോധമില്ല അവിടെ വിരോധം ഇല്ല അപ്പേദമായി ഉപയോഗിച്ചാൽ വിരോധമില്ല ഏതേ ഭയം ഈ ഞങ്ങളെന്ന് പ്രയോഗിക്കാറുണ്ട് സാറാണ് പക്ഷേ അതിന്റെ സ്ഥാനത്ത് നീ ഞങ്ങളൊന്ന് പ്രയോഗിക്കാറുള്ള സാധാരണ രീതി പ്രയോഗിക്കാറില്ല അപൂർവമായി ചിലപ്പോ എവിടെയെങ്കിലും അത് വേറെ അത് അഭേദം വരുന്നില്ല അവിടെ ഒരു നീ ഞങ്ങൾ ചിലപ്പോ പ്രയോഗിക്കും അങ്ങോട്ട് അടുപ്പം വളരെ കൂടി കഴിഞ്ഞാൽ എന്ന് നീയാണ് ഞാൻ ഞാനാണ് നീ എന്നൊക്കെ പറയാറില്ലേ അത് പക്ഷെ പുതിയ ഭാഷയിൽ എന്താണ് ഈ ഞങ്ങളെന്ന് പറയുന്ന പോലെ നീ ഞങ്ങളെന്ന് പ്രയോഗിക്കാറില്ല ഈ ഞങ്ങളെന്ന് എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല അവിടെ വിരോധമാണ് നീ ഞങ്ങളെന്ന് പ്രയോഗിക്കാത്ത എന്തുകൊണ്ട് വിരോധം ഉള്ളത് അതേസമയം ഈ ഞങ്ങളെന്ന് പ്രയോഗിക്കുന്നിടത്ത് എന്താണ് വിരോധം ഇല്ലൊരു വ്യത്യാസം ഈ ഞങ്ങളെന്ന് പറയുന്നിടത്ത് വിരോധം ഇല്ല വിരോധം ഇല്ലാതെ വരും വിരോധം വേണമുണ്ട് അതുകൊണ്ട് എന്ത് പ്രയോഗിക്കണം നീ ഞങ്ങളെ നീ തന്നെ പ്രയോഗിക്കും നീ വേറെ ഞങ്ങൾ വേറെ അതിനാണോ ഉഷ്മ അസ്മത് വേറെ നീ വേറെ ആ വിരോധത്തെ കാണിക്കാം ഇത് വെളിച്ചവും വിരളും പോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചു അല്ലാതെ അകത്തും പ്രയോഗിച്ച് മറ്റൊരു ഉദാഹരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇമേ വയം ഇതും ഇമേ എന്ന് പറഞ്ഞാൽ ഈ നിയന് രണ്ട് ശബ്ദത്തിന്റെ അർത്ഥം ഒന്നു തന്നെ ഏതിൻ്റെയൊക്കെ എന്ന് പറയുന്നതിന്റെ ഇമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് എന്താണ് ഇമേ ഭയം എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പൊ വിരോധമില്ല അപ്പൊ ഇതം അഹം ശബ്ദത്തോടുകൂടി ചേർത്ത് സാറിനെ പ്രയോഗിക്കാറുണ്ട് വിരോധമില്ല അതുകൊണ്ടാണ് പ്രയോഗിക്കുന്നത് വിരോധത്തെ കാണിക്കണമെങ്കിൽ എന്ത് വേണം വിരോധത്തെ കാണിക്കുന്ന ഒരു ശബ്ദത്തെ പ്രയോഗിക്കണം അപ്പൊ ഇതം ശബ്ദത്തെ പ്രയോഗിച്ചാൽ പോരെ പിന്നെ ഏത് ഉപയോഗിക്കണം വിഷ്ണശ്ദം ഇതം ശബ്ദവും അതായത് ഈ എന്ന് പറയുന്നതും അഹം തമ്മിലെ വിരോധം ഇല്ല കാരണം ഭാഷയുടെ പ്രയോഗത്തിൽ നീ ഞങ്ങളെന്ന് പറയാറുള്ളത് അതേസമയം നീ ഞങ്ങളെന്ന് പറയാറില്ല എന്തുകൊണ്ട് അത് രണ്ടും പരസ്പര വിരുദ്ധമായ രണ്ട് അർത്ഥങ്ങളെ പറയുകയാണ് അർത്ഥങ്ങളിൽ നിന്നാണ് വിരോധം വരുന്നത് അതുകൊണ്ടാണ് ശബ്ദത്തിന് വിരോധം വരുന്നത് അപ്പൊ ഘടക കലശഹ ഇതിൻ്റെ വിരോധം ഇല്ലെന്ന് പറയുന്ന എന്തുകൊണ്ട് ഘടത്തിൻ്റെ അർത്ഥം എന്തോ അത് തന്നെയാണ് കലശത്തിൻ്റെയും അവിടെ വിരോധമില്ല പക്ഷേ ഘടക പട എന്ന് പറയുമ്പോൾ അവിടെ വിരോധം വരുന്ന എന്തുകൊണ്ട് ഘടത്തിൻ്റെ അർത്ഥം വേറെയാണ് പടത്തിൻ്റെ അർത്ഥം വേറെയാണ് അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് യം ഏതെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ യുവ എന്നാണ് ഭയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ എന്നാണ് ഇതിൽ വിരോധമില്ല കാരണം ചേർത്ത് പ്രയോഗിച്ചിരിക്കുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഞങ്ങൾ നമ്മളെല്ലാരും കൂടും കൂടി ചേർന്ന് പറയാറുണ്ട് ഈ ഞങ്ങൾ പറയുന്നു അങ്ങനെ ചേർത്ത് പ്രയോഗിക്കാൻ പറ്റിയ വിരോധമുണ്ട് അതാണ് അതുപോലെ എന്താണ് വിമയവായി അവിടെയും വിരോധമുണ്ട് അതുകൊണ്ട് വിരോധത്തെ കാണിക്കണമെങ്കിൽ ഇതം ശബ്ദത്തെ കളഞ്ഞിട്ട് എന്ത് ഉപയോഗിക്കണം പിന്നെ ഇതെവിടെയാ പ്രയോഗിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്തു കളിക്കുന്ന അസ്മഹേ ആസ്മഹേ എന്ന് പറയുന്നത് എന്റെ അസ്മഹേ അതിന്റെ രൂപമാണ് ആ സുപേശന് ആസ്തയെ ആസാദയെ ആസത്തെ കേട്ടിട്ടുണ്ട് ദൂർ ഷേകനും ആസെ ആസ്മഹയെ ആസ്മഹയെ ഇരിക്കുന്നു എന്നാണ് അങ്ങനെയാണ് പ്രയോഗിക്കുന്നത് അപ്പൊ ഞാൻ പറയണം എന്താണ് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് ഏകവാന് ഉപയോഗിക്കാം പോകുവാനും ഉപയോഗിക്കാം തെറ്റില്ല ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ത് പറയാം ഭയം അപ്പൊ ഞാൻ പറയണം ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു ഏതേ വയം ആസ്മഹേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ ഞങ്ങളിവിടെ ഇരിക്കുന്നു ഞാൻ വേറൊരാളോട് പറഞ്ഞു ഈ ഞങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളും ഞാനും ഇവിടെ ആസ്മഹയെ ഇവിടെ ഇരിക്കുന്നു തെറ്റില്ല അതുപോലെ തന്നെ ഇമേ വയം ആസ്മഹേ അവിടെ ഈ അർത്ഥം ചെയ്യുന്നു ഈ ഞങ്ങളിവിടെ ഇരിക്കുന്നു ഇവിടെ അങ്ങനെ പ്രയോഗിക്കുന്നതിന് തെറ്റില്ല പക്ഷേ നീ ഞങ്ങൾ ഇരിക്കുന്നുവെന്ന് എനിക്ക് പറയാൻ പറ്റും പ്രയോഗത്തിലത് പറയാ പ്രയോഗിക്കാൻ പാടില്ല പറഞ്ഞ അർത്ഥ രണ്ടും ഒന്ന് തന്നെ നീ ഞങ്ങളിവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും നീ ഞങ്ങളിവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ നീ ഞാനിങ്ങോട്ടിവിടെ ഇരിക്കുന്നു എന്നാണ് പക്ഷേ നീ ഞങ്ങളെന്ന് പറഞ്ഞ് പ്രയോഗിക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് അതിന് വിരോധമുണ്ട് ആ പ്രയോഗത്തിൽ പക്ഷേ ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ ശബ്ദം വന്നു കഴിഞ്ഞാൽ അവിടെ വിരോധം ഇല്ല അതുകൊണ്ട് വളരെ ചിന്തിച്ചതിന് ശേഷമാണ് ഭാഷകാരൻ എന്ന് പറഞ്ഞത് യുഷ്മദ് അസ്മദ് എന്ന് പ്രയോഗിച്ചത് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ എൻ ജിയോട് പഠിക്കാത്ത എന്റെ കുഴപ്പമാണ് ആ അതാണ് ലക്ഷണം ഇത് പറയുന്നത് വിവരമുള്ള മനുഷ്യരുടെ അടുത്താണ് ഒരിക്കലും നമ്മളെ പോലെയുള്ളവർ ഇത് കേൾക്കുന്നത് എഴുതിയാണ് സ്വപ്നം പോലും കണ്ടില്ല അപ്പൊ അവർ ചോദിക്കും അവർക്ക് ഭാഷ അറിയാം വ്യാകരണം അറിയാം പ്രയോഗങ്ങളെ കുറിച്ചറിയാം എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാല് ഇതെന്ത് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കും അതുപോലെയുള്ള ആൾക്കാരുടെ മുമ്പിലെ ഇതൊക്കെ പറയുന്നത് പണ്ട് വലിയ വലിയ വലിയ ഇവരെ സംസ്കൃത പണ്ഡിതന്മാരും അപ്പൊ പറയുന്നത് കൂടെ കറക്റ്റ് ആയിരിക്കണം എന്നാലേ ആശയം കറക്റ്റാണ് ഭാഷയിലൂടെ ആശയത്തെ പറയുമ്പോ ആശയം കറക്റ്റ് ആവണമെങ്കിൽ ആദ്യം എന്ത് വേണം ഭാഷ കറക്റ്റ് ആണ് ഇന്ന് നമുക്ക് എന്താണ് എന്ത് വേണം ധൈര്യമായിട്ട് എഴുതുക ഒരു ഇതിനും ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് അതിവിടെ ഭാവധികാരം പറയുന്നില്ലെങ്കിലും മേഖലകളെല്ലാം പറയും എന്താണ് സാറിനെ ഏതെങ്കിലും ഒന്ന് എഴുതുമ്പം എന്ത് ചെയ്യണം മംഗളാചരണം ചെയ്യും പഠിച്ചിട്ടില്ലേ നിധായ ഹൃദയ വിശ്വസം നിധായ ഗുരുവന്ദനം ബാക്കി എന്താണ് നിതായ വൃദ്ധ വിശ്വേഷം കേട്ടിട്ടുണ്ടായിരുന്നു ബാക്കി എന്താണ് ബാലാനാം സ്വബോധായ മംഗളാചരണം ഇതിലെ ഏത് എഴുതാവും സിദ്ധാന്തമായി തുടങ്ങുന്നതാണ് മംഗളാചരണം എങ്ങനെയാണ് സരസ്വതി ദേവി സിദ്ധാമി <laughs> <laughs> <laughs> <laughs> ി ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് പുസ്തകം എഴുതാവും ഇവിടെ ഒരു പാട്ടുമില്ല പാടാതെ ഇങ്ങനെ പുസ്തകം ഒഴിക്കുന്ന ആൾക്കാർ ഇല്ല ഇതെവിടുത്തെ രീതിയാണ് ഇതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത് പഴയ കാല സമ്പ്രദായങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഏതെങ്കിലും കാര്യം ഞാനിപ്പോൾ ആദ്യമില്ല ദുരോധ ബ്രഹ്മ ഗുരു കൃഷ്ണ ഈ ചൊല്ലി ചൊല്ലിയ ബാക്കിയെല്ലാം നിൽക്കുന്നത് ഇത് സമ്പ്രദായം ഇവിടുത്തെ നമ്മുടെ സമ്പ്രദായം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ക്ലാസ് മുടങ്ങി നിന്നും എന്തായാലും കണ്ണടച്ചിരുന്ന എന്ത് പറയും ഗുരു ബ്രഹ്മ അതുപോലെ എന്തെങ്കിലും പറയും മംഗളാചരണം എന്ന് പറയും അതുപോലെ മംഗളാചരണം എന്തുകൊണ്ടില്ല എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ അതിലൂടെ വ്യക്തതകൾ പറയുന്നത് എന്താണ് ഭാഷകാരെ എന്തായാലും മംഗളാചരണം പാടിക്കുന്നുണ്ട് പാടാതെ എന്ന് പറഞ്ഞു വ്യക്തതകൾ പറഞ്ഞിവിടെ ആദ്യം പറഞ്ഞ വാക്കം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നീ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മം നീ ബ്രഹ്മം എത്തി ബ്രഹ്മം എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മംഗളാകാരം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ നീ മംഗളാകര വിഷ്ണു ശബ്ദം കൊണ്ട് തന്നെ എന്തിനെ പറഞ്ഞു ബ്രഹ്മത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് എല്ലാം ബ്രഹ്മാണെങ്കിൽ പിന്നെ നീ ബ്രഹ്മ ശരിക്കും പാടിയില്ല അതൊരു അവസ്ഥയാണ് പാടിയില്ലെങ്കിലും പ്രശ്നമില്ല പാടിയതുപോലെ തന്നെ ഈ പറഞ്ഞ വരുമ്പോ അങ്ങനെ തന്നെ മംഗളാചരണമാണ് മംഗളാചരണം ഭാഷകാരണം എന്ത് ചെയ്തു വിഷ്ണു എന്ന് പറഞ്ഞുകൊണ്ട് മംഗളാചരണം ചെയ്തു ഇപ്പൊ മംഗളാകരണം വേണം നിർബന്ധമുള്ളവർ എന്താണ് ഇതേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അതിന് വേറെ പ്രശ്നം അത് ഞാൻ അടുത്ത ദിവസം പറയും അതുകൊണ്ട് അങ്ങനെ വന്നു അത് കുറച്ച് വിശദീകരിക്കും നിങ്ങളുടെ പ്രസവത്തിലോട് വ്യാഖ്യാൻ ഇത് ബഹുളം പ്രയോഗ ദർശന ഏതേ വയം ഇമേ വയം ആസ്മേഹം എന്ന് പറയുന്ന ക്രിയയാണ് രണ്ടിനോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നിങ്ങനെ ബഹളം പ്രയോഗത്തിൽ ധാരാളം പ്രയോഗം കാണുന്നുണ്ട് അപ്പോ എന്താണ് വിരോധം ഇല്ല വിരോധം വരത്തില്ല ഇതമും അഹവും തമ്മിൽ വിരോധം വരത്തില്ല പക്ഷെ നീ ഞാനും നിറഞ്ഞ വിരോധം വരും ആ കാണിക്കണം കാരണം അടുത്ത് പറയുന്നു തമപ്രകാശോ വിരുദ്ധ സ്വഭാവയോഗോ അതിനുവേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത് ഇതം അസ്മത് എന്ന് പറയുന്നതിന് പേര് വിഷ്മത് അസ്മത് എന്ന് പറഞ്ഞത് ഇപ്പൊ വിഷ്ണസ്മന്ത് പ്രത്യേക ഗോചരോഹോ വിഷയവിഷയിണോഹോ അതിൽ അത് രണ്ടും പറയുന്നു വിഷയവിഷയി ചി സ്വഭാവ ആത്മാ വിഷയി ചി സ്വഭാവ ആത്മാണാണ് ചിത് സ്വഭാവം സ്വരൂപം ചിത്രം എന്ന് വെച്ചാൽ ജ്ഞാനം ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആത്മാവാണ് ഇവിടെ എന്താ വിഷയി വിഷയി എന്ന് പറയുന്നത് നമ്മൾ സാധനം മലയാളത്തിൽ പറഞ്ഞത് വിഷയി എന്നുള്ള അർത്ഥത്തിൽ അതായത് മോശം മോശമായ അർത്ഥത്തിലാണ് വിഷയി എന്ന് പറഞ്ഞാൽ മോശം അർത്ഥം ഇവിടെ അങ്ങനെയല്ല വിഷയി എന്ന് പറഞ്ഞാൽ എന്താണ് പവിത്രമായ ആത്മാവാണ് ചിത്തെന്ന് വെച്ചാൽ സ്വഭാവം എന്ന് വെച്ചാൽ സ്വരൂപം ചിത്ത് സ്വഭാവം എസ് അതാണ് ചിത് സ്വഭാവ ആത്മാ വിഷയി ജഡസ്വഭാവ ബുദ്ധി ഇന്ദ്രിയ ഷയാഷയാഷയ വിഷയങ്ങൾ എന്താണെന്ന് പറയുന്നു നേരത്തെ പറഞ്ഞാണ് ജഡസ്വഭാവത്തിലുള്ള ജഡസ്വരൂപത്തിലുള്ള സ്വഭാവം എന്ന് വെച്ചാൽ സ്വരൂപം ജഡസ്വരൂപത്തിലുള്ള എന്തൊക്കെയാണ് ബുദ്ധി ബുദ്ധി എന്ന് വെച്ചാൽ അന്ധകരണം നടത്തണം വെറും ബുദ്ധിയും മനസ്സായ ബുദ്ധിയല്ല ബുദ്ധി എന്ന് വെച്ചാൽ ഇന്ദ്രിയം പിന്നെ എന്താണ് دेiseries. ം ഇതൊക്കെയാണ് വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് പ്രപഞ്ചത്തെ എടുത്തിട്ടല്ല പ്രപഞ്ചവും വിഷയമാണ് ഇവിടെ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ എന്നുള്ള ഈ അനുഭവമുണ്ട് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ വിഷയെയും വിഷയത്തെയും ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത് അപ്പോൾ വിഷയി ആത്മാവായിട്ടെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സർവവും വിഷയങ്ങളാണ് അങ്ങോട്ടിപ്പോ പോകുന്നില്ല ഇവിടെ വിഷയി ആത്മാവായിട്ടെടുത്തു കഴിഞ്ഞാൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ മാത്രമേ ഇപ്പോൾ എടുക്കുന്നു അപ്പോ ഇതിന് വിഷയം എന്നുള്ള പേരെന്തുകൊണ്ട് വന്നു ഇതിന് അന്ധകരണം ഇന്ദ്രിയം ം ഇതിനൊക്കെ വിഷയം എന്ന് പറയാൻ എന്താ കാരണം അതാണ് അടുത്ത് വിശദീകരിക്കുന്നു ഏതേ ഹി ചിതാത്മാനം വിസിന്തി അവബദ് വിഷയം എന്ന് പറയുന്ന വി വരുന്ന രൂപണം വിഷയ വി ഷി ധാനുവിന്റെ രൂപം വരുന്ന സിനോതി സെനുതവ സിന്നോന്തി ഏത് കാണത്തില്ല വരുന്നത് അതിനാണ് എന്താണ് കേട്ടില്ല സ്വാധീപ്പിച്ചു സുന്നി പഠിച്ചിരിക്കണം ഏതേ ഹി ചിതാത്മാനം ബിസുന്നന്തി ഷിഞ്ഞ് ധാതുവിന്റെ അർത്ഥം ബന്ധിക്ക് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പറയണം എന്റെ ബിസിന്നിയുടെ അർത്ഥം പറയണം അവബദ്ധ്നന്തി ബധ്നന്തി ബധബന്ധന എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ് അങ്ങനെയാണ് എന്റെ രൂപങ്ങൾ ി ബദ്നന്തി ഏത് ഗുണത്തിലാണ് വരുന്നത് അപ്പൊ വിസിന്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവബന്ധനന്തി ബന്ധിക്കുന്നു എന്ത് ബുദ്ധി ഇന്ദ്രിയദേഹ വിഷയങ്ങൾ എന്തിനെ ബന്ധിക്കുന്നു ചിതാത്മാവിനെ ആത്മാവിനെ ബന്ധിക്കുന്നതാണെന്ത് ബുദ്ധി എന്തൊക്കെ ഇന്ദ്രിയം വിഷയങ്ങൾ അപ്പോ ഈ അന്ധകരണം ഇന്ദ്രിയം വിഷയങ്ങൾ ഇവയ്ക്ക് വിഷയമൊന്ന് പേര് വരാൻ കാരണം ഇത് ബന്ധിക്കുന്നതാണ് മനസ്സിലായ ഒരു ചോദ്യം പിന്നെ ബന്ധിക്കും ബന്ധിക്കുന്നെങ്കിൽ എന്ത് വേണം ഒരാകൃതികൾ ഒന്നിനെ ബന്ധിക്കാൻ പറ്റും ചിതാത്മാവ രൂപിയാണ് പ്രകാശസ്വരൂപനാണ് നിത്യമുക്തനാണ് അതിനാർക്കെങ്ങനെ പിടിച്ചു കെട്ടാൻ അങ്ങനെയും ബന്ധിക്കാൻ പറ്റും വിഷയങ്ങൾ അങ്ങനെ ബന്ധിക്കും വിഷയത്തിന്റെ അർത്ഥമാണ് പറയുന്നു ബന്ധിക്കുന്ന ആത്മാവിനെ ബന്ധിക്കുന്നതാണ് വിഷയ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് ബന്ധിക്കുന്നത് ആത്മാവിനെ ബന്ധിക്കും ഇങ്ങനെ ബന്ധിക്കും ബന്ധിക്കുക ആത്മാവ് ഒന്നും കൊടുക്കും എന്നാ എന്നെ ഒന്ന് ബന്ധിച്ചു ഇപ്പം ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധിക്കാന്നുള്ള അർത്ഥം എടുക്കരുത് ഇതുപോലെ വേറെ എന്തെങ്കിലും അർത്ഥം കൊടുക്കണം അതാണ് അടുത്ത എൻ്റെ അർത്ഥം പറയുന്നത് സ്വേന രൂപേണ നിരൂപണീയം കുറുവന്തി എന്നാണ് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു സ്വേനരൂപേണ സ്വസ്വരൂപമായി വിഷയരൂപമായി നിരൂപണീയം കുറുവന്തി നിരൂപണം ചെയ്യിപ്പിക്കുന്നു എന്തിനെ ആത്മാവിന് ആത്മാവിനെ ഷയരൂപമായി എന്താണ് നിരൂപണം ചെയ്യിപ്പിക്കുന്നു അപ്പൊ നിരൂപണം ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ശ്രദ്ധിക്കുന്നത് ശരിയാവാത്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു വീണ്ടും അങ്ങോട്ട് തന്നെ പോയാ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്തക്കെ ഇതെല്ലാം ചിതാത്മാവിനെ എന്ത് ചെയ്യുന്നു വിഷയരൂപത്തിൽ ചിതാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരീരത്തെ എടുക്കുക അപ്പൊ ഈ ശരീരം ആത്മാവിനെ സ്വരൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ശരീരമായി പ്രകാശിപ്പിക്കുന്നു നമ്മൾ ആത്മാവെന്ന് പറയുന്ന എന്തിനാണ് ശരീരത്തിന് ചാർവാകന്റെ പണിയാണ് അതുപോലെ നമ്മുടെ ശരീരത്തുള്ള ഏതിനെ എന്തായി പറയും ഇതാണ് ആത്മാവെന്ന് പറയും അതിന്റെ ചാർവാകന്മാർ പറയുന്ന അന്ധക്കരണമാണ് ആത്മാവ് ഇന്ദ്രിയങ്ങളാണ് ആത്മാവ് ദേഹമാണ് ആത്മാവെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ വിഷയങ്ങളുടെ പണിയാണ് അത് എന്ത് ചെയ്യുന്നു ആത്മാവിനെ വിഷയങ്ങളായി പ്രകാശിപ്പിക്കുന്നു അപ്പൊ നിരൂപണയും കുറവന്തിയെന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുന്നു നിരൂപണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് സാറിന് നമ്മൾ നിരൂപണം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് ഒരു പുസ്തകത്തെ നിരൂപണം ചെയ്യുന്നു എന്ത് അതിന്റെ ആശയങ്ങളെ പ്രകാശിപ്പിക്കുക പുസ്തകത്തിൽ എന്താണുള്ളത് പ്രകാശിപ്പിക്കുന്നതിന് നിരൂപണം ചെയ്യുക എന്ന് ഈ കുറ്റം ഒരു അർത്ഥം സാറിനെ അങ്ങനെ പറയും നിരൂപണം ചെയ്യാൻ കുറ്റം പറയും അപ്പൊ കുറ്റം പറയും അല്ല അതെന്താണോ അതിനെ അങ്ങനെ വെളിപ്പെടുത്തും അതുപോലെ ശരീര ആത്മാവിനെ ശരീരമായി ശരീരം വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ പറയുന്നത് ഞാൻ ഈ ശരീരമാണ് അപ്പൊ ആത്മാവിനെ അങ്ങനെ സ്വരൂപത്തിൽ പ്രകാശിപ്പിക്കുന്നുണ്ട് ഇവയ്ക്കെല്ലാം ഇതിന്റെ പേര് വന്നു വിഷയ വിഷയ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിസിന്നി ബന്ധിപ്പിക്കുന്നു അവബ അവബ്നന്തി ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വേന രൂപേണ നിരൂപണീയും കുറുകുന്തി സ്വരൂപത്തിൽ പ്രകാശിപ്പിക്കും അതുകൊണ്ട് ഇതൊക്കെ വിഷയമെന്നുള്ള പേര് ഇതുവീ എന്താണ് തി മിശ്രൻ യോഗസൂത്രങ്ങൾക്ക് വ്യാഖ്യാൻ എഴുതിയിട്ടുണ്ട് യോഗ ഭാഷക്ക് സാങ്കേതികകാരികൾക്ക് വ്യാഖ്യാൻ എഴുതിയിട്ടുണ്ട് അവിടെയൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരും ഇതുപോലെ തന്നെ അവിടെയൊക്കെ ഈ പദങ്ങൾ പോലെ ഇതുപോലെ വരും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇതേ ശൈലിയാണ് വിഷയാവിനോർത്തനം നിന്നിടുന്ന ഗുരുദേവ് കരുതിയല്ല ഭഗവത്ഗീത ഭഗവത്ഗീത ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട് വിഷയം വിരോധിനിയോടണം നിടയണം വിഷയവിരോധിനി ആരാണ് വിഷയ വിഷയമായ വിജയത്തിന് വിരോധത്തിനെയായിരുന്ന വിദ്യ അറിവ് ശരിയായ അറിവ് ആത്മബോധം പണി നിർത്താം